ജഗത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞു ഇതം ജഗത് എന്നുള്ള പദം കൊണ്ട് തന്നെ അതിനെ സൂചിപ്പിച്ചു ബീജസ്യാന്തരിവാങ് ഗുരു ജഗത് ഇദം നമ്മളുടെ അനുഭവമണ്ഡലം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാടൊന്നും വിസ്തരിക്കേ വേണ്ട വളരെ ലളിതമായി ചുരുക്കി രണ്ടേ രണ്ട് വാക്കുകൊണ്ട് പറയാം നമ്മളുടെ അനുഭവത്തിൽ അതേ ഉള്ളു രണ്ടെണ്ണം ഒന്ന് അഹം മറ്റൊന്ന് ഇതം ഈ രണ്ട് പദത്തിനകത്ത് എല്ലാ അടങ്ങി ഒന്ന് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം രണ്ട് ഞാൻ കാണുന്ന സകലതും ഇതം എന്നുള്ള പദം കൊണ്ട് കഴിഞ്ഞു വ്യാകരണത്തിൽ ഈ രണ്ടേ രണ്ട് വാക്ക് മതി ഒന്ന് അഹം ഒന്ന് ഇതം അഹം എന്നുള്ളത് സ്വരൂപത്തിനെ കുറിക്കുന്നതും ഇതം എന്നുള്ളത് ജഗത്തിനെയും മറ്റെല്ലാം ശരീരം അഹങ്കാരം മനസ്സ് ബുദ്ധി ഒക്കെ ഈ ആത്മചൈതന്യ പ്രകാശത്തിൽ അറിയപ്പെടുന്ന വസ്തുക്കളാണ് അതൊക്കെ ഇതം എന്നുള്ളത് കൊണ്ട് അതന്നെ ഇവിടെയും സൂചിപ്പിച്ചു ഇതം ജഗതിദം അഹമിദം പദാഭിക്യം അന്വഹം അഹമിലീനഗേപി അലയസത്തയാ അഹം ഇതം രണ്ട് പദം ഞാനെന്നും ഇത് എന്നും ഞാൻ കാണുന്നവൻ ഈ പ്രപഞ്ചം കാണപ്പെടുന്നത് കാണപ്പെടുന്നതൊക്കെ ഇതം കാണുന്നവൻ അഹം ആ ഇതത്തിൽ എത്ര കാലം ശ്രദ്ധയുണ്ടോ ഇത് എന്നുള്ളതിൽ ഒബ്ജക്ട് ഒബ്ജക്റ്റിൽ എത്ര കാലം ശ്രദ്ധയുണ്ടോ അത്രയും കാലം നമുക്ക് ഈ അഹത്തിൽ ശ്രദ്ധയെ വീഴില്ല അതുകൊണ്ടാണ് എത്ര ബുദ്ധിയുള്ള ആളുകളാണെങ്കിലും അവരിങ്ങനെ പുറത്തേക്ക് പുതിയത് പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നല്ലാതെ കണ്ടുപിടിക്കുന്നവനെ ശ്രദ്ധിക്കുന്നേ ഇല്ല അതാണ് ഹിരണ്യകശുപുവിനെ ഭാഗവതം പറയണത് മഹാതപസ ചെയ്തു വിഷ്ണു എവിടെ എന്ന് അന്വേഷിച്ച് പാതാളത്തിലേക്ക് പോയി സകല ലോകങ്ങളും ചുറ്റി വിഷ്ണുവിന് തെരഞ്ഞു വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവില്ല സകലു ജിതകാശീനിവൃതേൻ ആ ഞാൻ ജയിച്ചു വിഷ്ണു എന്നെ പേടിച്ചു പോയിരിക്കുകയാണ് ഒരിടത്തും വിഷ്ണുവില്ല ബഹിർദൃഷ്ടേഹേ അന്തർധരിതഹൃദയേ സൂക്ഷ്മവപുഷാ ഹിരണ്യകശുപുവിന്റെ ഞാൻ എന്നുള്ള അനുഭവത്തിൽ ഭഗവാൻ പോയി ഒളിച്ചിരുന്നാൽ അവിടെ ഒരിടത്ത് മാത്രം ഇയാൾ തരയുകേയില്ല എന്നറിയാം ബാക്കിയുള്ളിടത്തൊക്കെ അന്വേഷിക്കും സർവത്ര അന്വേഷിച്ചു അന്വേഷിക്കുന്നവനെ വിട്ടുകളഞ്ഞു തന്നെയും വിട്ടുകളഞ്ഞു ഇതിനാണ് ദശമന്യായം എന്ന് പറയാം പത്തും മഠയന്മാരെല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ള കഥ പത്തും മഠയന്മാരായിട്ട് നദി കടന്നു നദി കിടന്നപ്പോ അവർക്കൊരു സംശയം എല്ലാരും കടന്നിട്ടുണ്ടോന്നൊരു സംശയം എണ്ണി നോക്കുകയാണ് ഓരോരുത്തർ എണ്ണുമ്പോഴും ഒമ്പത് പേരേ ഉള്ളൂ എന്താ തന്നെ വിട്ടുകളും എണ്ണുന്ന തന്നെ വിട്ടുകളും ഇതാണിപ്പോ നമുക്ക് മുഴുവൻ കുഴപ്പം എന്ത് കണ്ടുപിടിച്ചാലും എന്തൊക്കെ തന്നെ സുഖസാമഗ്രികൾ കണ്ടുപിടിച്ചാലും എന്തോ കുറവ് ഈ തന്റെ കുറവാണ് തന്നെ എണ്ണം കൂട്ടാക്കാത്തതിന്റെ കുഴപ്പമാണ് അവസാനമാണ് ഒരാള് വന്നു എന്തിനാപ്പൊ കരയണത് അല്ല ഞങ്ങൾ പത്ത് പേര് നദികടന്നു ഇപ്പൊ ഒമ്പത് പേരെ ഉള്ളൂ ഒരാളും വെള്ളത്തില് ആരാ അതാണോ പിടികിട്ടാത്തത് എണ്ണി നോക്കുമ്പോ ഒരാൾ കുറവ് അപ്പൊ ഇയാള് പറഞ്ഞു ശരി ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും മണ്ടലോരോ കിഴക്ക് തരാം ഒന്ന് രണ്ട് എന്ന് പറയാ ഓരോരുത്തർ തലയിൽ ഓരോ കിഴുക്ക് കൊടുത്തപ്പോ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞു ഒമ്പത് പേരെത്തി അവസാനത്തെ ആളെ നല്ലൊരു കിഴക്ക് കൊടുത്തിട്ട് പറഞ്ഞു ദശമസ് ത്വമസി പത്താമൻ നീ തന്നെ ആ നന്നെ വിട്ടിട്ട് ഓരോരുത്തരും അവനവനെ വിട്ടിട്ട് എണ്ണുമ്പോഴാണ് ഈ ഒമ്പതിൽ വന്ന് നിക്കണത് എന്നാണ് ദശമസ് ത്വമസി അതേപോലെ നമ്മളുടെ ജീവിതത്തിലൊക്കെ എവിടെയോ കുഴപ്പം എവിടെയോ കുഴപ്പം എന്തോ കുഴപ്പം എന്താ കുഴപ്പം ഈ തന്നെ എണ്ണാം കൂട്ടാക്കാത്തതാ ബാക്കി ഒക്കെ ചെയ്യുന്നുണ്ട് ഏതാണോ വേണ്ടത് അതിനെ വിട്ടുകളഞ്ഞു എന്നാണ് അതാണ് ഇരണ്യകശിപു മുതൽ കൊണ്ട് ഇന്ന് ഉള്ള ആളുകൾ വരെ ചെയ്യണത് തകലടത്തും തെരഞ്ഞു വിഷ്ണു എവിടെ വിഷ്ണു എവിടെ അതാണ് പ്രഹ്ലാദനോടോ ജോ എവിടെ വിഷ്ണു ഒരിടത്തും കാണാനില്ലല്ലോ സർവത്ര അന്വേഷിച്ചു അതാണ് ബഹിർദൃഷ്ടിയാണ് അയാളെ അതുകൊണ്ട് അന്തർദ്ധതിതഹൃദയേ സൂക്ഷ്മ അവന്റെ അന്തർഹൃദയത്തിൽ സ്വരൂപത്തിൽ ഭഗവാൻ കറഞ്ഞ് അവിടെ നോക്കില്ല ഇയാള് അവിടെ മാത്രം നോക്കില്ല രണ്ടുപേര് തീർത്ഥയാത്ര ഒരാൾ തീർത്ഥയാത്ര പോവുകയാണോ കൂടെ മറ്റൊരാളും കൂടെ കൂടി ഇയാളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്നറിയാം കക്കാനായിട്ട് ഒരാൾ കൂടി രണ്ടുപേരും കൂടെ ഒരു സത്രത്തിൽ രാത്രി തങ്ങി താമസിക്കുമ്പോ മറ്റേ ആള് രാത്രി കൂടെ ഉള്ള ആളും ഈ കള്ളൻ എഴുന്നേറ്റ് സർവത്ര അന്വേഷിച്ചു നോക്കി ഇയാളുടെ പേഴ്സ് എവിടെയോ ഉള്ളതെന്ന് കാണാനില്ല എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി അവസാനം ഇയാൾ തലേണയുടെ ഇടയിൽ വെച്ച് കിടക്കുവായിരിക്കുമോ എന്ന് വിചാരിച്ച് അയാൾ കിടക്കുന്ന തലേണയുടെ ഇടയിൽ കൈയിട്ട് നോക്കി അവിടെയും കാണാനില്ല അയാൾ ഇങ്ങട് തിരിഞ്ഞ് കിടന്നപ്പോ തലേണ ഇടയിൽ കൈയിട്ട് നോക്കി കാണാനില്ല സർവ്വത്ര അന്വേഷിച്ചു നോക്കി കാണാനില്ല അടുത്ത ദിവസം രണ്ടുപേരും പുറപ്പെട്ടു പോയി എത്തേണ്ട സ്ഥലത്ത് ഇയാൾ ചോദിച്ചു ഒരുപാട് ഈ കള്ളന്മാരുടെ ശല്യമുണ്ട് നിങ്ങളുടെ പണമൊക്കെ നിങ്ങൾ എവിടെയാ ഇന്നലെ ഞാൻ നിങ്ങളുടെ തലേണയുടെ ഇടയിലാണ് ഇയാളുടെ തലേണയുടെ ഇടയിലും സർവത്ര അന്വേഷിച്ചും തന്റെ കിടക്കയുടെ തലേണയുടെ ഇടയിൽ അന്വേഷിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവിടെ വെച്ചു കൊടുത്തു അതേപോലെ ഇതം എന്നുള്ളതിൽ മുഴുവൻ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു ഇതം ജഗത് ലോകം ലോകത്തിൽ എന്തൊക്കെയാണ് ഇനി ഒന്നും ബാക്കില്ല സകല കുപ്പയും പെറുക്കി നോക്കിക്കഴിഞ്ഞു എല്ലാത്തിലും അന്വേഷിച്ചു കഴിഞ്ഞു ഏട്ടത്തിന്റെ ഉള്ളിൽ അന്വേഷിച്ചു കഴിഞ്ഞു ഗാലാക്സീസ് മുഴുവൻ അന്വേഷിച്ചു കഴിഞ്ഞു എന്നിട്ടും സംതൃപ്തിയില്ല കാരണം എന്താ ദർപ്പണ ദൃശ്യമാന നഗരി നിങ്ങൾ കണ്ണാടിക്ക് ഷേവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ശങ്കരാചാര്യ ഒരു പ്രണ മുഖത്ത് ഷേവ് ചെയ്താലല്ലേ പ്രയോജനമുള്ളൂ കണ്ണാടിയിൽ നോക്കി കണ്ണാടിയല്ല താടി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മുഖത്താണ് ദാടിയും വീശയുള്ളത് കണ്ണാടിക്ക് ഷേവ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് കാര്യം ദർപ്പണ ദൃശ്യമാന നഗരി കാണുന്നത് മുഴുവൻ ദർപ്പണമാണ് കണ്ണാടിയാണ് റിഫ്ലക്ഷനാണ് ബിംബത്തിനെ ശ്രദ്ധിക്കൂ ബിംബത്തിനെ ശരിയാക്കിയാൽ പ്രതിബിംബം തനിയെ ശരിയാക്കിക്കോളും ബിംബത്തിനെ ശ്രദ്ധിച്ചാൽ പ്രതിബിംബത്തിലൊന്നും ചെയ്യാനില്ല പ്രതിബിംബത്തിലൊന്നും ചെയ്യാനും ഒക്കില്ല അതുകൊണ്ടാണ് അതിന് മായാന്ന് പറയണത് ഒക്കെ മാറ്റം എത്ര റീഫർമേഷൻ അല്ലെ ഒരു ഏറ്റവും വലിയ ഭ്രമമാണ് ഈ ലോകം നന്നാക്കുക എന്നുള്ളത് നന്നാക്കി നന്നാക്കി സൃഷ്ടി ആരംഭം മുതൽ നന്നാക്കാൻ തുടങ്ങിയതാണ് എന്നിട്ടാണ് ഇപ്പൊ ഈ സ്ഥിതിയിൽ എന്നാൽ ആലോചിച്ച് നോക്കൂ എത്ര ആളുകൾ വന്നു കഴിഞ്ഞു ലോകം നന്നാക്കാനായിട്ട് എന്നിട്ടും അതേ സ്ഥിതി എന്താ നന്നാവുന്ന സാധനമൊന്നും അല്ലാതെ ഇവിടെ ശരിയായാൽ ലോകമേ ഇല്ല നന്നാവാൻ ലോകം പെർഫെക്ഷൻ ഭഗവാനാണ് ലോകം ഇവിടെ ഭഗവാനെ കണ്ടാൽ പുറത്ത് ഭഗവാനേ ഉള്ളൂ ലോകം എന്ന് പറയുന്നത് തന്നെ ഈശ്വര സ്വരൂപമായി വിശ്വം ഭഗവത് സ്വരൂപമായി അറിയും വ്യാസരോട് നാരദ മഹർഷി പറഞ്ഞത് എഴുതാണ് ഭാഗവതം എഴുതാൻ ആരംഭിക്കുമ്പോ വ്യാസരെ അങ്ങ് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നു എന്നും ജനങ്ങളൊക്കെ കഷ്ടപ്പെടുന്നു എന്നും ആ ജനങ്ങൾക്കൊക്കെ ഭഗവാനെ പ്രാപിക്കണു ഒരു ഭ്രമം വെച്ചുകൊണ്ടാണ് അങ്ങ് ഇത്രയും പുരാണങ്ങൾ എഴുതിയത് അതുകൊണ്ടാണ് അങ്ങേക്ക് തൃപ്തി അങ്ങോ പറ്റിയ അബദ്ധം ഇതം ഹി വിശ്വം ഭഗവാൻ ഇവേതരോ യഥോ ജഗത്സ്ഥാന നിരോധസംഭവാഹ തദ് ഹി സ്വയം വേദ അന്ന് സ്വയം അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ ബോധിപ്പിക്കാണ് ഇതം ഹി വിശ്വം ഭഗവാൻ ഈ കാണുന്ന വിശ്വമുണ്ടല്ലോ ഭഗവാനാണ് ഇതരഹാ ഇവഭാതി അല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ അത് വെറും ഭ്രമം ജ്ഞാനസ്ഥിതിയിൽ പൂർണ്ണ ഉറയ്ക്കുന്നത് വരെയും പിന്നെയും ചിലപ്പോ ചിലപ്പോ ചില ചെറിയ ചെറിയ അജ്ഞാനം നിന്നുകൊണ്ട് ഇനിയും എന്തോ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാനുണ്ട് ലോകമൊക്കെ നന്നാക്കാനുണ്ട് എന്നൊരു ആ ഭ്രമത്തിന് കാരണം ഈ ആ ഭ്രമം കാരണം തന്നെ സമാധാനം ഉണ്ടാവില്ല ലോകവാസന എന്നിതിന് പറയും ലോകമുണ്ട് എന്നുള്ള ഒരു വാസന കാരണം എന്തെങ്കിലുമൊക്കെ ലോകത്തിലും പ്രവൃത്തി ഗുണദോഷങ്ങൾ പറയൽ അതാണ് ഭാഗവത്തിൽ ഉദ്ധവരോട് അവസാനം ഭഗവാൻ പറയണം ഉദ്ധവരെ ലോകത്തിലുള്ള ഒരു വസ്തുവിനെക്കുറിച്ചും നല്ലതും പറയാൻ പോകാൻ പാടില്ലേ ചീത്തയും പറയാൻ പോകാൻ പാടില്ല രണ്ടു പറഞ്ഞാലും കുഴപ്പമാണെന്ന് പരസ്വഭാവ കർമാണി ന പ്രശംസേ നഗർഹയേത് വിശ്വമേകാത്മകം പശ്യന്ന് പ്രകൃത്യാ പുരുഷേണ ഈ വിശ്വം ആത്മസ്വരൂപമാണെന്ന് കാണണം പ്രകൃതി പുരുഷൻ എന്ന് പോലും പിരിച്ചു പറയാൻ പാടില്ല എന്നാണ് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും അകത്തേക്ക് അറിഞ്ഞുകൊള്ളണം ഇവിടെ വിശ്വമായിട്ട് തോന്നുന്നത് ഭഗവത് സ്വരൂപമാണ് അപ്പൊ അതിനെന്ത് ഗുണം പറയാൻ ഭഗവാൻ വളരെ നല്ല ആളാണോ എന്ന് പറയുമോ നല്ല സ്വഭാവമാണ് അതിന് ഭഗവാന് പുകഴ്ത്തുമോ നമ്മളുടെ പുകഴ്ത്തൽ ഭഗവാൻ വേണോ അഥവാ ഭഗവാനെ നിന്ദിക്കോ ക്ഷൻ നമ്മളുടെ സ്വരൂപത്തിന്റെ പെർഫെക്ഷനാണ് പ്രപഞ്ചത്തിലും ബാധിക്കുന്നത് നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിലോ ഇവിടെ അനേക കുഴപ്പങ്ങളുള്ളതായിട്ട് കാണും ഈ പ്രപഞ്ചം വിത്ത് രൂപത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വരൂപത്തിൽ അടങ്ങിക്കിടക്കുന്നു വിത്തിൽ നിന്നും വലിയ വൃക്ഷം വരാനുള്ള സാധ്യത ആ ശ്വേതകേതുവിന് ഉദ്ദാലകൻ ഉപദേശിച്ചു കൊടുക്കുമ്പോ ഇത് പറയുന്നു ഹേ ശ്വേതകേതു ഒരു വിത്തെടുത്തു കൊണ്ടുവരു ആലിന്റെ വിത്ത് കൊണ്ടുവന്നു ശ്വേതകേതു അത് പൊട്ടിക്കൂ അത് പൊട്ടിച്ചു അതിനകത്ത് എന്ത് കാണുന്നു ധാരണാഹ ചെറിയ ചെറിയ അരിമണി പോലെ കാണുന്നു അതിനോരോന്നിനെയും പൊട്ടിക്കുക പൊട്ടിച്ചു എന്ത് കാണുന്നു ഒന്നും കാണാനില്ല ആ ഒന്നും കാണാനില്ല എന്ന് പറയണല്ലോ കുഞ്ഞേം അതിൽ നിന്നാണ് ഈ വലിയ വൃക്ഷം പൊന്തി വന്നിരിക്കുന്നത് ഈ വലിയ വൃക്ഷം പൊന്താനുള്ള സർവശക്തിയും ഈ വിത്തിനകത്തുണ്ട് ആ ശക്തി ഏതാണോ അത് നീയാണ് തത്വമസിവേതകേതുവ ആ ശക്തി നീയാണ് സകല സൃഷ്ടിക്കുമുള്ള മൂലശക്തി നിന്റെ ഉള്ളിൽ ഉണ്ട് അപ്പൊ എങ്ങനെ ഇത് പൊന്തി വന്നു അതാണ് മായാവീവ വിജൃംഭയത്യഭി മഹായോഗീവയസ്വേച്ഛ എങ്ങനെ എന്തിന് ലോകം പൊന്തി വന്നു ഏത് സാമഗ്രികൊണ്ട് ലോകം ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ലോകത്തിനെ ആര് കാണുന്നു ഈ ലോകം ആരുടെ അനുഭവമാണെന്ന് ചോദിച്ചാൽ പ്രയോജനമുണ്ടാവും ശ്രദ്ധ ലോകത്തിൽ നിന്നും ലോകത്തിനെ കാണുന്നവനിലേക്ക് തിരിയും ലോക എന്നുള്ള വാക്കിന് തന്നെ വ്യുത്പത്തി ആലോക്യതേ ഇതി ലോക കാണപ്പെടുന്നത് എന്നാണ് അർത്ഥം ആ വാക്കിന് തന്നെ അതാണെന്ന് കാണപ്പെടുന്നത് കാണപ്പെടുന്ന വസ്തു വിഷൻ വാച്ച് അതൊന്നൊക്കെ ആയിരിക്കണം വേൾഡ് എന്നുള്ളതും വന്നതും ുൽപത്തി ശ്രദ്ധിച്ചാൽ ഭാഷയിൽ ശ്രദ്ധിച്ചാൽ കാണാം കാണപ്പെടുന്നത് കാണപ്പെടുന്നതൊക്കെ ഈ കാണുന്നവനെ ആശ്രയിച്ചിരിക്കും കാണുന്നവൻ ആരാ അതാണ് ഇന്നലെ കണ്ട അവസാന ശ്ലോകം സദാത്മകം ഏതൊരു തന്റെ സ്ഫുരണം എന്നുവെച്ചാൽ അതിന്റെ പ്രതീതി അനുഭവം സദാത്മകം സ്ഫുരണം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശമായിട്ടുള്ള വസ്തു നമ്മളുടെ ഓരോരുത്തരുടെ അന്തർയാമിയായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു സദാ സത് എന്ന് വെച്ചാൽ ഉണ്ടേ എക്സിസ്റ്റൻസ് അസ്തിത്വം നമ്മളിൽ ഓരോരുത്തരിലും അസ്തിത്വമായി ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സ്ഫുരിക്കുന്നു സൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസതേ അസത്തായിട്ടുള്ള സകല പദാർത്ഥങ്ങളും ഇതിന്റെ സത്തിനെ വെച്ചുകൊണ്ടാണ് സത്തായിട്ടിരിക്കുന്നത് സത്യസ്യ സത്യം ഇന്നലെ പറഞ്ഞോ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്നുള്ള ഉണ്മയുടെ അസ്തിത്വമാണ് പ്രപഞ്ചത്തിൽ ഓരോന്നിനും കൊടുക്കുന്നത് ഓരോ വസ്തുവിനും കൊടുക്കുന്നത് ആ സത്തയെ എങ്ങനെ അറിയും എല്ലാ സത്യത്തിനും സത്യമായിട്ടുള്ള സത്യത്തിന് അമയൊക്കെ അനുഭവിക്കണം അനുഭവിച്ചുകൊണ്ടേയിരിക്കണു അനുഭവിക്കണു എന്ന് അറിയണം അതിനാണ് ഒരു സദ്ഗുരു പരമകൃപയാൽ സാക്ഷാത് തത്വമസീതി വേദവചസായോ ബോധയത്തി ആശ്രിതാന് തന്നെ ആശ്രയിക്കുന്നവർ ആശ്രയിക്കാന്ന് വെച്ചാലോ ഇന്നലെ പറഞ്ഞ പോലെ നിത്യത്തിനെ ആശ്രയിക്കണം അനിത്യത്തിനെ വ്യവഹരിക്കാം നിത്യത്തിനെ ആശ്രയിക്കണം അനിത്യത്തിനെ ആശ്രയിക്കാൻ കൊള്ളില്ല അനിത്യത്തിനെ വ്യവഹരിക്കാനേ കൊള്ളൂ നിത്യത്തിനെ ആശ്ര ആശ്രയിക്കാന്ന് വെച്ചാലോ അറിയ അറിഞ്ഞാൽ ആശ്രയമായി നിത്യം അറിയാനേ ഒക്കുള്ളൂ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആശ്രയമായി ബോധയതി അതാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ ഈ ബോധം വരുത്തൽ എന്താ നമ്മളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കാണാനില്ല എന്ന് പറഞ്ഞ് മുഴുവൻ തെരഞ്ഞിട്ട് അവസാനം ഒരാൾ വന്നിതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ എന്ന് കാണിച്ചു തന്ന ആ ക്ഷണത്തില് റെക്കഗ്നിഷൻ ആണ് പ്രത്യഭിജ്ഞ ആ ക്ഷണത്തില് അത് കാണുന്നു അതിന് സമയം വേണോ മാല കാണിച്ചു തന്ന ശേഷം മാല എന്റെ കഴുത്തിലുണ്ട് മാലേന്റെ കഴുത്തിലുണ്ട് മാലേന്റെ കഴുത്തിലുണ്ട് ധ്യാനിക്കണം മെഡിറ്റേഷൻ ചെയ്യണം കഴിഞ്ഞു ആ ക്ഷണത്തോടെ കഴിഞ്ഞു യഥാർത്ഥത്തിൽ നമ്മളുടെ സാധനയും തപസ്സും എല്ലാം ഈ സത്യം അറിഞ്ഞ് ഒരു സദ്ഗുരുവിന്റെ വാക്കുകൾ സ്വീകരിക്കാനുള്ള പക്വത ഉണ്ടാക്കാൻ മാത്രമാണ് പക്വത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരേ ഒരു ക്ഷണത്തിൽ ഒരേ ഒരു വാക്ക് പാത്തവിടമെല്ലാം പരവളിയായിത്തോണ്ട് ഓർ വാർത്തൊല്ലവന്ത മനുവേ പരാപരമേ തായ്മാനവസ്വാമികളുടെ ഒരു പാട്ട് ഒരേ ഒരു വാക്ക് ഗുരു ഉപദേശിച്ച ഉടനെ കഴിഞ്ഞു എന്നാണ് അതെങ്ങനെ കഴിയും പറഞ്ഞാൽ ഉടനെ അപ്പൊ മനസ്സിലാവൂ എന്ന് വെച്ചാൽ ഉള്ള വസ്തു ഇപ്പൊ കഴുത്ത് കിടക്കണ മാല പോലെയാണത് നമുക്ക് കിട്ടിയിരിക്കുന്നു എവിടെയോ ഒരു ശ്രദ്ധയുടെ പിഴ ആ ശ്രദ്ധയെ ഗുരു പൂർത്തി ചെയ്യുന്നു അത്രയുള്ളൂ ആ ക്ഷണത്തോടെ കഴിഞ്ഞു അരുണഗിരിനാഥസ്വാമികൾക്ക് ഭഗവാൻ ഉപദേശിച്ചത് എന്താൽ അരനിൽ ചുമ്മാ ഇരു സ്വൽ അര അത്രയേയുള്ളൂ പന്ത്രണ്ട് വർഷം അദ്ദേഹം ചുമ്മായിരുന്നു നമ്മൾ മെഡിറ്റേഷൻ പ്രാണായാമം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അദ്ദേഹം എങ്ങനെ ഉണ്ടായിരുന്നാളാ തലേ ദിവസം വരെ മഹാഅസഭ്യൻ പുറമേക്ക് പുറമേക്ക് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതം പുറമേക്ക് മഹാഅസഭ്യമായിരുന്നു നമ്മളതിന് എന്ത് വ്യാഖ്യാനം കൊടുക്കും അദ്ദേഹം ഒന്നില് പറയും പൂർവ്വജന്മത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ അവതാരപുരുഷൻ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തെങ്കിലും ഒരു എക്സ്പ്ലോ ഇതൊക്കെ നമ്മളുടെ എക്സ്പ്ലനേഷനാണ് ഭഗവാൻ തന്നെ ഗീതയില് പറയുന്നു അപിചേതു സുദുരാചാര എത്ര വലിയ ദുരാചാരിയാവട്ടെ എപ്പോ ഈ സത്യത്തിനെ സ്വീകരിക്കുന്നു ക്ഷിപ്രംഭവതി ധർമാത്മാ ശത് ശാന്തിയും നികച്ചത് ഏറ്റവും പെട്ടെന്ന് അവൻ ധർമാത്മാവായിട്ട് തീരും പരമശാന്തിയെ പ്രാപിക്കുന്ന എന്തൊരു ആശ്വാസവാക്ക് കാരണം എന്താന്ന് വെച്ചാൽ ധർമാത്മ സ്വരൂപവും പൂർണതയും ശാന്തിയും പെർഫെക്ഷനും പരിശുദ്ധിയും ഒക്കെ സ്വരൂപമാണ് നമ്മൾ ദുരാചാരി അശുദ്ധൻ മഹാപാപി എന്നൊക്കെ പറയുന്നത് വെറും ആരോപിതമാണ് ഇത്ര വലിയ ദുരാചാരിക്ക് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഞാനിയാവാൻ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അവതാരപുരുഷനാണെന്നും അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ചെയ്താണെന്നൊക്കെ എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ ഇത്ര ദുരാചാരിയായ ആൾ അല്ലെങ്കിൽ എങ്ങനെ അടുത്ത ദിവസം ഞാനിയാവാൻ പറ്റും അതിന് അങ്ങനെയൊന്നും എക്സ്പ്ലനേഷനെ കൊടുക്കേണ്ട ആവശ്യമില്ല ആയിരം വർഷം ഒരു മുറിയിൽ ഇരുട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഇരുട്ട് പോവാൻ ആയിരം വർഷമാണോ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഇരുട്ടിനെ പുറത്തു കൊണ്ടുപോയി കളയണോ വെളിച്ചം വരുന്ന ക്ഷണത്തില് ആ ഇരുട്ട് അവിടെ നിന്ന് പോകും അതേപോലെ എത്ര ദുരാചാരി ആവട്ടെ ഈ ദുരാചാരം പാപം എന്നൊക്കെ എന്താ ശരീരത്തിനെയും മനസ്സിനെയും സംബന്ധപ്പെട്ടതാണ് ചിലപ്പോ സദാചാരികളെക്കാളും ദുരാചാരികൾ ചില സ്ഥലത്ത് മെച്യറാവും ഏതർത്ഥത്തിലെന്ന് വെച്ചാൽ സദാചാരികൾക്ക് ഞാൻ സദാചാരിയാണെന്നുള്ള അഹങ്കാരത്തിന് ഉപേക്ഷിക്കാനേ പറ്റില്ല ദുരാചാരികൾക്ക് പാവം ചിലപ്പോൾ ഉപേക്ഷിക്കണം എന്നുണ്ടാവും പക്ഷെ അവർക്കോട് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് വിട്ടുപോയാ ഡിറ്റാച്ച്മെന്റ് വന്നു പോകും ശരീരത്തിനോടും ഞാൻ ഈ ഇങ്ങനെയൊക്കെ ദുസ്വഭാവത്തോടെ ഇരിക്കണമല്ലോ അയാൾ ശരണാഗതി ചെയ്യുന്ന പോലെ ചിലപ്പോൾ സദാചാരിക്ക് ശരണാഗതി ചെയ്യാൻ പറ്റില്ല ആരാദ്യം ശരണാഗതി ചെയ്യുന്നു ശരണാഗതി വെച്ചാൽ എന്താ ഈ ശരീരവും മനസ്സോ ഞാനല്ല ഇതൊക്കെ ഭഗവാന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഏതോ വിധത്തിൽ ജഡവുമായിട്ടുള്ള സംബന്ധ വിച്ഛേദം ഉണ്ടായാൽ ആ സമയത്ത് സത്യം പ്രകാശിക്കും അരുണഗിരിനാഥസ്വാമികൾ മാത്രമല്ല എത്രയോ പേര് ഇതിന് ഉദാഹരണം രമണമഹർഷിയും അക്ഷരമണമാലയിൽ പറയുന്നു ഒരേ ഒരു വാക്ക് ഭഗവാൻ ഉപദേശിച്ചു എന്നാണ് ഇതേ വാക്ക് എന്തോ എല്ലാവർക്കും ഒരേ ഉപദേശമാണ് അരുണാചലത്തില് ചൊല്ലാമൽ ചൊല്ലിനീ ിൽ എന്ന് ചുമ്മായിരുന്നായ അരുണാചല പറയാതെ ഉപദേശിച്ചു എന്നാണ് പറയാതെ പറഞ്ഞു എന്താ പറഞ്ഞ് ഷൊൽ അറനിൽ ചിത്തവൃത്തികളില്ലാതെ എന്ന് വെച്ചാൽ കർത്തൃത്വമില്ലാതെ ഞാൻ ഐ ആം ദ ഡൂവർ എന്നുള്ള ഒരു ഇറപ്ഷൻ ഇല്ലാതെ ചുമ്മായിര് അത് നമ്മളുടെ സ്വരൂപത്തിനെ ബോധിപ്പിക്കലാണ് അപ്പോ ആ സ്വരൂപം സാക്ഷാതത്വമസീതി വേദവചസ അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് സാധാരണ അക്ഷം എന്നൊക്കെ പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നതിനാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയാം പക്ഷേ ഇവിടെ സാക്ഷാത് എന്നുള്ളതിന് അർത്ഥമല്ല ൊണ്ട് അക്ഷങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുവോ